ദൈവവചനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവവചനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേട്ടപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളുണ്ട് ചെറുപ്പക്കാരുണ്ട് മുതിർന്നവരുണ്ട് പലതരത്തിലുള്ള പല പ്രായത്തിൽ പല ജോലികൾ ചെയ്യുന്നവരുണ്ട് റിട്ടയർ ചെയ്തവരുണ്ട് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു അപ്പോൾ നഷ്ടപ്പെടുത്തി കളയുക ശൂന്യമാക്കുക അപ്പോൾ എല്ലാം വെട്ടുകളയുക ജീവനെ കളയുക എന്നൊക്കെ പറയുമ്പോൾ എന്താ യഥാർത്ഥത്തിൽ ഇപ്പോൾ ബ്രദർ അത് പറഞ്ഞു നമ്മുടെ നമ്മുടെ കർത്താവും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അപ്പോൾ പക്ഷെ അത് തുടങ്ങിയപ്പോൾ അത് കർത്താവിനോടുള്ളൊരു സ്നേഹം സ്നേഹം പ്രതി എന്നാണ് തുടങ്ങിയത് നമ്മളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചും സേവിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു അപ്പോൾ എന്നാലും ഞാൻ അതിൻ്റെ മധ്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഓർത്തു ഇവിടെ പണ്ട് പല വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അപ്പോൾ ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു എൻജിനീയറാണ് അപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു എഞ്ചിനീയർ അപ്പോൾ അവർ കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ ആത്മീയ കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളത്തിൽ അവരുടെ അവർക്ക് വളരെ താല്പര്യവും വളരെ ഉത്സാഹവും വന്ന് ഞങ്ങൾക്ക് യേശുവിനായിട്ട് ഞങ്ങൾക്ക് പോകണം യേശുവിനായിട്ട് ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുത്തണം അപ്പോൾ അവർ കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഗവൺമെൻറ് ജോലി കിട്ടി അപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടി കുറച്ച് കഴിഞ്ഞപ്പം അല്ല ഞങ്ങൾക്ക് യേശുവിനായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഇന്ന സ്ഥലത്ത് പോകണം അപ്പോൾ രണ്ടുപേരും ഗവൺമെൻറ് ജോലി രാജിവെച്ചു അത് കഴിഞ്ഞ് രണ്ടുപേരും നോർത്ത് ഇന്ത്യയിലും ചില സ്ഥലങ്ങളിൽ ഹിമാചൽ പ്രദേശിലും പല സ്ഥലങ്ങളിൽ അവർ പോയി അപ്പോൾ അവർ പോയി അപ്പം അന്ന് ഇവിടെയല്ല മറ്റൊരു ചർച്ചിൽ നിന്നാണ് അങ്ങ് പോയത് പോയിക്കഴിഞ്ഞ് പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ആദ്യത്തെ ആ ഒരു അവരുടെ ഉത്സാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നീടവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ അവർക്കുണ്ടായിരുന്ന ചില പ്രയാസങ്ങൾ അവിടെ അവരുടെ കൂടെ അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുമായിട്ടുള്ള പ്രശ്നം അവർ അവിടെ ചെന്നപ്പം മറ്റേയാൾ പാഴിവയ്ക്കുന്നു മറ്റേയാൾ പ്രശ്നം ഉണ്ടാക്കുന്നു മറ്റേയാളായിട്ടുള്ള ഒന്ന് ഒന്ന് ചേർന്ന് പോകാൻ പറ്റുന്നില്ല മറ്റേയാളുടെ കാഴ്ചപ്പാട് ശരിയല്ല അപ്പോൾ അങ്ങനെ ഈ വ്യക്തികളുമായിട്ടുള്ള പ്രശ്നമായിരുന്നു അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ പ്രശ്നം അങ്ങനെ കുറേ കഴിഞ്ഞു കുറേ നാളുകൾ കഴിഞ്ഞു അപ്പോൾ അത് അതൊക്കെ കുറച്ച് കുറേ കഴിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹം ഭർത്താവ് തന്നെ പ്രശ്നമായി അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിലുള്ള സ്വര ചേർച്ചയില്ലായ്മയും തമ്മിലുള്ള അഭിപ്രായ പല പ്രശ്നങ്ങളുമായിട്ട് പിന്നെ അവസാനം അവർക്ക് അവരതെല്ലാം അത് എന്തോ ഒരു അപ്പം ഞാൻ ഞാൻ ഇവരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവരെ നഷ്ടപ്പെടുത്തിയില്ലേ യഥാർത്ഥത്തിൽ അവർ വിട്ടുകളഞ്ഞില്ലേ സാധാരണ ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി ആൾക്കാര് എന്തൊക്കെ പഠിച്ച പണി പതിനെട്ടും അവരെ നോക്കിയിട്ടാണ് ഗവണ്മെന്റ് ജോലിക്ക് ശ്രമിക്കുന്നത് പക്ഷെ കിട്ടിയ ഗവണ്മെന്റ് ജോലിയും വിട്ടിട്ടാണ് പോയത് ആ ഗവൺമെന്റ് ജോലി ഭർത്താവ് മാത്രമല്ല ഭാര്യയും വിട്ടു ഭാര്യ ഭർത്താവിനെ കൂടുതൽ ഉത്സാഹിപ്പിച്ചു ഓക്കെ അപ്പൊ രണ്ടുപേരും കൂടെ പോയി പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എവിടെയോ എന്തോ ഒരു പ്രശ്നം ഒത്തിരി കാര്യങ്ങൾ വിട്ടുകളഞ്ഞു ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി പക്ഷേ യഥാർത്ഥത്തിൽ എന്താ വിടേണ്ടത് എന്താ ഒഴിവാക്കേണ്ടത് എന്താ ശൂന്യമാക്കേണ്ടത് എന്നുള്ളതിനെ ഒരു ധാരണ ഒരു യഥാർത്ഥ കാഴ്ചപ്പാട് അവർക്ക് ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അപ്പൊ ഞാന് ഇത് പറയുന്നത് അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം സ്കൂളിൽ പഠിക്കുമ്പോ ഇപ്പൊ നിങ്ങൾ ശരിയാ ഇന്നിപ്പം നമ്മൾ ചർച്ചിൽ ഇതൊക്കെ പറഞ്ഞു ഇനിയിപ്പോ എന്തിനാ പഠിക്കുന്നത് എന്നാപ്പിനിതൊക്കെ വിട്ടേക്കാം അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവര് അല്ലെങ്കിൽ ഇനിയിപ്പോ ജോലി ഞാൻ ഞാൻ പണ്ടു ഓർക്കുന്നുണ്ട് ഞാന് ഈ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ ഞാനിങ്ങനെ ഉത്സാഹം ഉത്സാഹമൊക്കെ പിടിച്ച് ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും കൂടെ കൂട്ടി ഞങ്ങളിത്ത മധുരയിൽ വാടിപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മധുരയ്ക്കടുത്ത് അവിടെ ഒരു കാത്തലിക് ധ്യാന കേന്ദ്രമുണ്ട് റിട്രീറ്റ് സെൻ്റർ അപ്പം അവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ എല്ലാവരെയും വിളിച്ച് നമുക്ക് ഇങ്ങനെ പോരാ നമുക്കൊരു തീഷ്ണമായ ആത്മീകത നമുക്ക് വേണം എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ കൂട്ടി ഞങ്ങളവിടെ ഒരു മൂന്ന് ദിവസത്തെ ധ്യാനം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ കൂടി ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു നമ്മള് അതാ കൊയ്ത്ത് കൊയ്ത്തിനായിട്ട് എല്ലാം വിളഞ്ഞിരിക്കുന്നു നമ്മള് കർത്താവിന് വേണ്ടി നമ്മൾ പോകണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം ഈ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് ഉള്ളിൽ ഭയങ്കര ഉത്സാഹത്തോടുകൂടെ വന്നു ആ കൂട്ടത്തിൽ ഒരു സഹോദരൻ നേരെ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു ഞാനെല്ലാം വിട്ട് പോകാൻ പോവാണ് ഞാനിപ്പോൾ എൻ്റെ ജോലിയും വിട്ടു അദ്ദേഹം ബാഗ് ഞാനിങ്ങോട്ട് ഇട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു പിന്നെ ഏതായാലും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ അദ്ദേഹത്തെ ഒന്ന് ഗൈഡ് ചെയ്ത് യഥാർത്ഥത്തിൽ വിടുകയെന്ന് പറയുന്നത് എൻ്റെ ബാഗ് വിട്ട് ജോലിയും വിട്ട് നീ പോകുന്നതല്ല അതിനപ്പുറത്തൊരു വിടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മനസ്സിലാക്കി ഇപ്പം അദ്ദേഹം ഏതായാലും അദ്ദേഹം ഒരു ചർച്ചിനെ നയിക്കുന്നൊരു സ്ഥലത്തുണ്ട് അപ്പോൾ ഞാൻ അപ്പം ഞാനും എൻ്റെയും കാഴ്ചപ്പാടും ഒരു സമയത്ത് ഇങ്ങനെയായിരുന്നു എന്നാൽ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാനിപ്പം ജോസഫ് ജോസഫിനെ ദൈവം ഒരു മന്ത്രിയാക്കി ഒരു രാജ്യകൊട്ടാരത്തി വെച്ചു രാജകൊട്ടാരത്തി വെച്ചപ്പോൾ അവിടെ ജോസഫിന് അതാ ഒരു ശക്തമായ പ്രലോഭനം ജോസഫിൻ്റെ മുമ്പിൽ വന്നു ശക്തമായ പ്രലോഭനത്തിന് മുമ്പിൽ അവിടെ ദൈവം പറഞ്ഞു നീ ഇവിടെയാണ് നിൻ്റെ നിൻ്റെ സ്വന്തം താല്പര്യത്തെ നീ വിടേണ്ടത് നിൻ്റെ സ്വന്തം ആഗ്രഹത്തെ നീ വിടേണ്ടത് നിൻ്റെ സ്വന്തം ഇച്ഛയെ നീ വിടേണ്ടത് ഇവിടെ ആ സ്ത്രീ നിന്നെ പ്രലോഭിപ്പിക്കുമ്പോൾ ആ പ്രത്യേക സാഹചര്യത്തിൽ നീ വേണ്ട ദൈവത്തെ പ്രതി അപ്പോൾ ജോസഫ് പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം പ്രതി ജോസഫ് തൻ്റെ പാപത്തെ വേണ്ട എന്ന് വെച്ചു നമ്മൾ ദാനിയലിനെ കുറിച്ച് വായിക്കുന്നു ദാനിയലിൻ്റെ പുസ്തകത്തിൽ ദാനിയലിനെ കുറിച്ച് വായിക്കുന്നു ചെറുപ്പക്കാരനായ പതിനേഴ് വയസ്സുള്ള സഹോദരൻ പതിനേഴ് വയസ്സുള്ള ദാനിയലിനെയും അവർ തൻ്റെ ഛത്രുക്കിനെയും മേശക്കിനെയും അഭേദഗനെയും ഒക്കെ അവരെ പിടിച്ച് നേരെ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കാനായിട്ട് നേരെ കൊണ്ടുപോയത് ബാബുലോണിലേക്കാണ് അപ്പോൾ ബാബുലോണി വന്നപ്പോൾ ദാനിയലിനെ നമ്മൾ ദാനിയലിൻ്റെ പുസ്തകത്തിൽ എന്താ വായിക്കുന്നത് ദാനിയൽ തൻ്റെ ഹൃദയത്തിൽ ഒരു നിർണയം ചെയ്തു ഞാൻ ഞാൻ എങ്ങനെ ഐ വിൽ നോട്ട് ഡിഫൈൻ മൈസെൽഫ് എന്ന് ദാനിയൽ തൻ്റെ ഹൃദയത്തിൽ ഒരു നിർണയം ചെയ്തു എന്ന് നമ്മളവിടെ ദൈവചനത്തിൽ നമ്മൾ വായിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തിന് വിരോധമായി ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്ന് ജോസഫ് പറഞ്ഞതു ദാനിയൽ പറഞ്ഞു തൻ്റെ ഹൃദയത്തിൽ ഒരു നിർണയം ചെയ്തു ഞാൻ എൻ്റെ ഞാൻ എന്നെ തന്നെ മലിനപ്പെടുത്തുകയില്ല എന്ന് ഹൃദയത്തിൽ ഒരു നിർണയം അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കാര്യങ്ങൾ വിട്ട സഹോദരങ്ങൾക്ക് അവര് ചെറിയ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ മിഷൻ ഫീൽഡിലെ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ തങ്ങളുടെ സ്വയത്തിൻ്റെ പാപത്തിൻ്റെ സ്വയത്തിൻ്റെ ശക്തി കോപം മോഹം ഇതൊന്നും വിടാനായിട്ട് പറ്റുന്നില്ല വലിയ കാര്യങ്ങളെ വിട്ടു പക്ഷെ ഇത് വിടാൻ പറ്റുന്നില്ല നമ്മെ സംബന്ധിച്ചോളം നമുക്ക് കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു നമ്മുടെ ചുറ്റിനും പല കാര്യങ്ങൾ സംഭവിക്കുന്നു പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം നമ്മെക്കുറിച്ച് നമ്മെ ഓരോരുത്തരെയും വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കാം വിളിച്ചത് ചിലരെ ചിലപ്പോൾ ഒരു ജോലിയിലായിരിക്കാം ഒരു ഉന്നത സ്ഥലത്തായിരിക്കാം ചെറിയ സ്ഥലത്തായിരിക്കാം ഒരു കൂലിപ്പണിക്കായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു കച്ചവടത്തിനായിരിക്കാം ഒരു ബിസിനസ്സിനായിരിക്കാം ഒരു കോളേജിൽ പഠിക്കുന്ന വ്യക്തിയായിരിക്കാം ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവ് അങ്ങക്കായിട്ട് ഞാൻ എന്നെ തന്നെ ശുദ്ധിയിൽ കാത്തുകൊണ്ട് അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് അങ്ങേക്കരുതാത്തത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് എൻ്റെ കോപത്തെയും എൻ്റെ ദേഷ്യത്തെയും എൻ്റെ മോഹത്തെയും എൻ്റെ സ്വന്ത ഇഷ്ടങ്ങളെയും എൻ്റെ സ്വന്ത ഇച്ഛയും വേണ്ട എന്ന് വെച്ച് ഞാൻ കർത്താവെ അങ്ങയുടെ സ്വഭാവത്തിന് ഞാൻ കൂടുതൽ അനുരൂപനായിത്തീരും കൂടുതൽ കർത്താവെ അങ്ങയുടെ വരവാകുമ്പോഴേക്കും കർത്താവ് എനിക്ക് കൂടുതൽ കൂടുതൽ അങ്ങയുടെ സ്വഭാവത്തിന് എനിക്ക് അനുരൂപനായിത്തീരണം ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം കർത്താവ് എനിക്ക് അങ്ങയുടെ സ്വഭാവത്തിന് കുറച്ചും കൂടെ അങ്ങയുടെ സ്വഭാവത്തിന് എനിക്ക് കുറച്ചും കൂടെ അനുരൂപനായിത്തീരണം അതിന് കർത്താവ് എനിക്ക് നമ്മളെപ്പോഴും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ താല്പര്യം എന്താണ് നമ്മളെല്ലാത്തിനും എക്സ്ക്യൂസ് പറയും നമുക്ക് എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു പാപം നമ്മുടെ ജീവിതത്തിലുണ്ടായോ ഉടനെ നമുക്ക് എക്സ്ക്യൂസാണ് നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും ചെറുപ്പക്കാർ പാപം ചെയ്തവർ പറയും അത് പ്രായത്തിൻ്റെയല്ലേ പ്രായമായ ഒരു പ്രായം എന്തെങ്കിലും തെറ്റ് പറഞ്ഞു അവരുടെ ബാക്കി തെറ്റി ദേഷ്യപ്പെട്ടു പ്രശ്നം ഉണ്ടാക്കി അവർ അത് പ്രായ അത് ഞാൻ പ്രായം ഉള്ളതല്ലേ മറ്റേത് എനിക്ക് പ്രായം കുറവല്ലേ ഞങ്ങളുടെ വീട്ടിൽ പതിനേഴുകാരിയും ഉണ്ട് എഴുപതുകാരിയും ഉണ്ട് അപ്പോൾ ചിലപ്പോൾ പതിനേഴുകാരി ചിലപ്പോൾ പറയും അങ്ങനെ ചിലപ്പം എഴുപത് എഴുപതുകാരിയായിരിക്കും ചിലപ്പം ഞാനായിരിക്കും പറയുന്നത് മധ്യവയസ്ക്കിന് ആ അത് അപ്പനായ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഇങ്ങനെ പറയും അല്ലെങ്കിൽ ആ അത് അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് സുഖമില്ലാത്തപ്പോൾ പറയും അത് അസുഖം അസുഖവും ഒക്കെ വരുമ്പം അസുഖൊക്കെ ആകുമ്പോൾ ചിലപ്പം അസുഖമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പെരുമാറിയത് നമുക്ക് എല്ലാറ്റിനും നമുക്ക് എക്സ്ക്യൂസ് ഉണ്ട് നമ്മൾ പാപത്തിനെ നമ്മൾ പല രീതിയിൽ പറഞ്ഞ് നമ്മൾ എക്സ്ക്യൂസ് നമ്മൾ അതിൽ നിന്ന് ഒഴിവാകാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത് എന്നാൽ യേശു നമുക്കൊരു മാതൃക കാണിച്ച് ഈ ഭൂമിയിലെ ജീവിതത്തിൽ തന്നെ താൻ ശൂന്യനാക്കി ഈ ഭൂമിയിൽ വന്ന് എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം മതി എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് വെച്ച് ഓരോ സമയത്തും നമ്മെപ്പോലെ ഈ ഭൂമിയിൽ യേശു വന്നു നമ്മെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് നാം അനുഭവിക്കുന്ന സകല പ്രലോഭനങ്ങളും യേശു സഹിച്ച് അതിനുശേഷം യേശു ഓരോ പാപത്തെയും ജയിച്ച ശേഷം യേശു പറയുന്നു എന്നെ നിങ്ങൾ പിൻപറ്റുക എൻ്റെ സ്വഭാവത്തിന് നിങ്ങൾക്ക് അനുരൂപനായി നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ച് മുമ്പോട്ട് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞ് യേശു നമ്മെ വിളിക്കുകയാണ് യേശു നമ്മെ അങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് വേറെ നമുക്ക് എക്സ്ക്യൂസ് ഒന്നുമില്ല എനിക്ക് ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രതികരിച്ചത് എന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടി യേശുവിനെ കാലു ക്രൂസിൽ ഇങ്ങനെ ക്രൂശിച്ച് കിടന്നപ്പോൾ രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുഖത്ത് തുപ്പിയ മുഖത്ത് തുപ്പാനായിട്ട് ആളിനെ അനുവദിച്ചു അനുവദിച്ചുമ്പോൾ ആ ആള് മുഖത്ത് തുപ്പുമ്പോഴും കർത്താവ് പറഞ്ഞു ഇവർ ചെയ്തത് എന്നതെന്ന് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അതൊരു ദൈവത്തിൻ്റെ ശക്തി സമയത്ത് ഐ ദൈവമാണ് നമ്മെ സഹായിക്കുന്നത് എന്നാൽ ദൈവമായതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത് കർത്താവ് ആ സമയത്ത് അവരോട് ക്ഷമിക്കാൻ കർത്താവ് ആ രീതിയിൽ യേശുവിൻ്റെ സ്വഭാവം അപ്പൊ നമ്മള് നമ്മളെ എത്രത്തോളം നമ്മൾ എക്സ്ക്യൂസ് പറയുന്നു നമുക്ക് അപ്പോഴൊരിക്കലും ഈ കാര്യങ്ങളിൽ നിന്നൊന്നും നമുക്കൊരു വിജയം കിട്ടില്ല ഒരു വ്യത്യാസവും ഉണ്ടാവില്ല എന്നാൽ എക്സ്ക്യൂസ് പറയാതെ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് കർത്താവേ ഞാൻ എൻ്റെ കുറവുകളെ കാണുന്നു അങ്ങയുടെ വരവ് ആസന്നമായിരിക്കുന്നു ഈ ലോകത്തിലെ സംഭവങ്ങൾ ഭരണങ്ങൾ മാറുന്നു പ്രശ്നങ്ങൾ നമ്മുടെ പീഡനങ്ങളും ഒക്കെ വരാമെന്ന സാഹചര്യത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഞാനായിരിക്കുന്ന എൻ്റെ ഈ കാലഘട്ടത്തിൽ കർത്താവെ എനിക്ക് എന്റെ ഇഷ്ടം വേണ്ട എൻ്റെ താല്പര്യങ്ങൾ വേണ്ട എനിക്കായിട്ടൊന്നും ഞാൻ പിടിച്ചു വെക്കേണ്ട എൻ്റെതായിട്ടൊന്നും എനിക്ക് സംരക്ഷിക്കേണ്ട എൻ്റെ പേര് വേണ്ട എനിക്ക് ന്യായം കിട്ടിയില്ലെങ്കിലും സാരമില്ല കർത്താവേ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഞാൻ വിട്ട് കളയാൻ ഞാൻ തയ്യാറാണ് ഞാൻ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് നമുക്ക് പലപ്പോഴും ഒന്ന് ക്ഷമിക്കാനായിട്ട് ഒരു ക്ഷമ ചോദിക്കാനായിട്ട് ഇതിനൊക്കെ എന്തൊക്കെ അവിടെ എളുപ്പമല്ല എന്ന് നമ്മള് സത്യസന്ധരാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും കർത്താവെ ഇവിടെ ഞാൻ ഒഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഞാൻ വിട്ടുകളാണ് എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതലായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആ രീതിയിൽ കർത്താവിൻ്റെ സ്വഭാവത്തിന് കൂടുതൽ അനുരൂപരാകുവാൻ അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ ഈ തരത്തിൽ ഒഴിക്കുവാൻ ശൂന്യരാക്കുവാൻ നഷ്ടപ്പെടുത്തുവാൻ അതുപോലെ നമ്മെ ദൈവം അനുവദിക്കുന്ന പ്രത്യേക ദൈവം പ്രത്യേകമായിട്ട് നമ്മെ ഓരോ കാര്യങ്ങളിൽ വിളിക്കുമ്പോൾ ദൈവം നമുക്ക് ഓരോ കാര്യങ്ങളിലുള്ള ഒരു പ്രേരണ നൽകുമ്പോൾ അവിടെയും നമ്മൾ തടസ്സം നിൽക്കാതെ കർത്താവെ ഞാൻ ഈ ലോകത്തിലെ വലിയ കാര്യങ്ങൾക്ക് പുറകെ ഞാൻ പോവുകയില്ല അങ്ങ് ആഗ്രഹിക്കുന്ന ഏത് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ പുറകെ പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സഹായിക്കട്ടെ